മുഹമ്മദ് നിബ്സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുസുബഹാനഹുവറ്റായാലായുടെ ദൂതനാകുന്നു അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട് കർക്കശക്കാരും പരസ്പരം കാരുണ്യവുമുള്ളവരുമാകുന്നു അള്ളാഹു സുബഹാനഹുവറ്റായാലായുടെ അനുഗ്രഹവും തൃപ്തിയും തേടിക്കൊണ്ട് അവർ റിക്കോർഡ് ചെയ്യുകയും സുജൂത് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്കാണും സുജൂതിൻറെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട് തൊറാത്തിൽ അവരുടെ ഉദാഹരണം ഇപ്രകാരമാണ് ഇഞ്ചിലിൽ അവരുടെ ഉദാഹരണം ഒരു കൃഷിയെപ്പോലെയാണ് അത് അതിൻറെ ശാഖകൾ പുറപ്പെടുവിക്കുകയും അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് അത് തഴച്ചുവളർന്ന് അതിൻറെ തണ്ടിന്മേൽ നിവർന്നു നിൽക്കുകയും കൃഷിക്കാരെ അത് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു സത്യനിഷേധികളെ അവർ മുഖേന കോപിപ്പിക്കാനാണത് അവരിലെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുസ്ബുഹാനഹുവല പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു